തങ്ങളുടെ രക്ഷിതാവിന്റെ പ്രീതി കാാംക്ഷിച്ചുകൊണ്ട് ക്ഷമിക്കുകയും നമസ്കാരം നിലനിർത്തുകയും നാം അവർക്ക് നൽകിയ ഉപജീവനത്തിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുകയും നന്മകൊണ്ട് തിന്മയെ പ്രതിരോധിക്കുകയും ചെയ്യുന്നവർ അവർക്കാണ് പരലോകത്തെ ഉത്തമമായ വീട്